ശേഷശേഷ പ്രാവ ധർമ്മ ജിജ്ഞാസയും ബ്രഹ്മ ജിജ്ഞാസയും തമ്മിൽ ശേഷ ശേഷി ഭാവമില്ല ഒന്നംഗവും ഒന്നങ്ക അങ്ങനെ ഒരു ബന്ധമില്ല അധികൃത അധികാരം ഒന്ന് ചെയ്തയാളാണ് മറ്റത് ചെയ്യേണ്ടത് അങ്ങനെയൊരു ബന്ധമില്ല രണ്ടുമില്ലാത്തോടമില്ല നേരിട്ട് ബ്രഹ്മജിജ്ഞാസയിലേക്ക് പോകാം അല്ല ബ്രഹ്മജിജ്ഞാസ കഴിഞ്ഞും ബ്രഹ്മജിജ്ഞാസയിലേക്ക് പോകാം ഒരാൾക്ക് നേരിട്ട് ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസിയാകാം അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞും സന്യാസിയാകാം അതാണ് സിദ്ധാന്തം അതിനാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത് ഭാഷകാരൻ അതിന്റെ ചുരുക്കം പറഞ്ഞു ബാമതികാര കൊണ്ടുപോകുന്നു ഉദാഹരണം കൊണ്ടുവന്നിച്ചു സ്വർഗകാമസി ദർശപൂർണമാസ അധികൃതർ ഗോദ്യമോഹിനെ അധികാര ഈ ദോഹ ഗോദോഹനോ എന്ന് പറയുന്ന പശുവിനോ കറങ്ങുന്ന പാത്രത്തിൽ വെള്ളം കൊണ്ട് വരുന്നതിനുള്ള അധികാരമാർക്കാണ് ദശപൂർണമാസത്തിന് അധികാരിയായിട്ടുള്ളവൻ അതാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ സ്വർഗ കാമസ്യ അധികൃതസ്യ ദർശപൂർണമാസ യാഗത്തിന് അധികാരിയായിട്ടുള്ളവന് പശു കാമസ്യ സത്വ പശുവിനെ കാമിക്കുന്നു ദർശപൂർണമാസ യാഗം ചെയ്യുന്നത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് അത് ഏറ്റവും വലിയ കാര്യമാണ് എന്നാൽ സ്വർഗമൊക്കെ മരിച്ചാലേ കിട്ടത്തുള്ളൂ ഇപ്പൊ ഇവിടെ കുറച്ച് ആടും പശു ഒക്കെ കിട്ടിയാലോ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യുന്നു അവന് ദർശപൂർണമാസ കൃത്തൂർത്ത് അപ്രണയനാശ്രിത ഗോദോഹനെ അധികാര പശുകാമനുള്ളവനാണെങ്കിൽ അവന് ദർശപൂർണമാസ കൃത്തൂർത്ത് ദർശപൂർണ മാസത്തിലെ കൃത്യർത്ത ആ യാഗത്തിനു വേണ്ടിയുള്ള അപ്രണയനം വെള്ളം കൊണ്ടുവരുന്നതിന് ആശ്രിതം ആശ്രയമായിരിക്കുന്ന ഗോദോഹനം ആ പാത്രത്തിൽ അധികാരം വെച്ച് ആ പാത്രം കർമ്മം ചെയ്യുന്നതിന് അധികാരം ദർശപൂർണ്ണ മാസത്തിനും ഇതിനും ഒരു അധികാരിയാണെന്നർത്ഥം അതിൽ തന്നെ സ്വർഗത്തെ കാമിക്കുന്നവന് ദർശപൂർണ മാസത്തിലാണ് അധികാരം ർഗത്ത് കാമിക്കുന്നവനാണ് ദശഭൂർ മാസത്തിലധികാരി ആയിരിക്കും എന്നാൽ അവന് ആടും കോഴിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തു വേണം അവൻ ഈ പാത്രത്തിൽ വെള്ളം കൊണ്ടുവരികയും വേണം അതിനും അവൻ അധികാരിയാകും എന്നർത്ഥം അപ്പോൾ ഒരാളിൽ തന്നെ രണ്ടിനും അധികാരി ആകുന്നു ഇവിടെയാണ് അധികൃത അധികാരവും പറയുന്നത് ഇവിടെയാണ് ഒന്നിനധികാരിയായിട്ടുള്ളവൻ മറ്റൊന്നിനും അധികാരിയാകും ശ്രുതി പാട ലിംഗ പ്രകർണ ഇങ്ങനെ പറയുന്നു അഞ്ചാണ് അഞ്ചിനെ പത്താക് പറഞ്ഞാണ് ക്രമം പറഞ്ഞപ്പോ ഞാനൊന്നും ശ്രുതി അർത്ഥസ്ഥാന മുഖ്യപ്രവൃത്തി ശ്രുതി അർത്ഥസ്ഥാനപാഠ മുഖ്യ അങ്ങനെയാണ് അധികൃത അധികാരം വരുന്നത് വ്യം അപ്രി വ്യാപ്രിയമാണം സാക്ഷാത് പശു ഭാവുധം അർഹതി എന്നാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത് ചമസേന ആപഹ പ്രണയേ ഗോദോഹനേന ഈ ഗോദോഹനേന തൃതീയവിഭക്തിയാണ് തൃതീയവിഭക്തി അത് കർണത്തെ കാണിക്കുകയാണ് കർണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രവൃത്തി വേണം എന്നാലത് കർണമാകും എന്ന് പറയുമ്പോ ചിനത്തി കുഠാരേണ കോടാലി കൊണ്ട് ഉദ്യമ്യ നിപാത്യ ഉയർത്തി താഴ്ത്തി കാഷ്ടം കാഷ്ടത്തെ ചിനത്തി ചേരിക്കുന്നു അറിവിനെ മുറിക്കുന്നു എന്ന് പറയുമ്പം അവിടെ കുഠാരം എന്ന് പറയുന്ന കോടാലി എന്ന് പറയുന്ന കരണമാണെങ്കിൽ അതിലൊരു പ്രവൃത്തി കിടക്കണം അതുപോലെ ഇവിടെ ഗോദോഹനം കരണമാണെങ്കിൽ എന്തുവേണോ അതിലൊരു പ്രവൃത്തി നടക്കുന്നു വെള്ളം കൊണ്ടുവരുന്നതാണ് അതാണ് ഗോദോഹനദ്രവ്യം ഗോദോഹനം എന്ന് സാധനം പാത്രം അം വ്യാപ്രിയമാണോ അത് പ്രവർത്തിക്കാതെ അതിലൊരു പ്രവർത്തി നടക്കാതെ സാക്ഷാത് പശുവിൻ ഭാവ ഇതും അർഹത അവന് ഈ ആടിനും കോഴിയൊന്നും ഈ ചെയ്യുന്നവന് കൊടുക്കാൻ കഴിയില്ല ഉണ്ടാക്കാൻ അതിന് ശേഷമില്ല എന്നുവെച്ചാ വ്യാപാരാന്തരാവിഷ്ടശ്രൂയതേ യഥാർത്ഥ അങ്കക്രമം അതിപതി പിന്നെ വേറെ വ്യാപാരങ്ങളൊന്നും ഇവിടെ പറയുന്നുണ്ട് ഇത്രേ പറയുന്നുള്ളു എന്താണ് ചമസേന അപകപ്രണയൻ ഗോദോഹനേന പശുതാമസ്യൻ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു വ്യാപാരം ഉണ്ടെങ്കിൽ എന്താണ് ഇവിടെ അങ്കക്രമത്തിന് മാറ്റം വരാൻ വേണ്ടി മറ്റെന്തെങ്കിലും ഒരു വ്യാപാരം ഒന്നും പറയുന്നില്ല ഇവരു കാര്യം പറയുന്നുള്ളോ വെള്ളം കൊണ്ടുവരുന്നു അപ്പൊ അവിടെ ഒരു കർമ്മം ഉണ്ടെന്നർത്ഥം അപ്രണയനാശ്രിതന്തു പ്രത്യേകത അപ്രണയന ബോധോഹനം എന്ന് പറയുന്നത് ജനം കൊണ്ടുവരുന്നതിനുള്ളാണ് അപ്രണയനാശ്രിതമാണത് അപ്രണയനു പറഞ്ഞ വ്യാപാരത്തിന് ആശ്രയമായിരിക്കുന്ന പാത്രമാണ് സംഭവ്യഹാർ ഇവിടെമിച്ച് ഉച്ചരിച്ചിരിക്കും യോഗ്യത്വാച്ഛാം അതിന് യോഗ്യതയുണ്ട് ജലം കൊണ്ടുവരുന്നതിനുള്ള എന്താ യോഗ്യതയും ആ പാത്രത്തിനുണ്ട് അതുകൊണ്ട് വെള്ളം കൊണ്ടുവരാണ് അതുകൊണ്ട് ഇവിടെ ക്രമം ഉണ്ടെന്ന് അർത്ഥം ദശ പൂർണ്ണമാസം ചെയ്യുന്ന ആ യാഗം ചെയ്യുന്നതും തന്നെയാണ് ജലം കൊണ്ടുവരുന്നത് അതുകൊണ്ട് അവിടെ ഒരു ക്രമം വരും എന്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അംഗങ്ങളിൽ ഏതങ്കം ചെയ്ത് അനുഷ്ഠിച്ചതിന് ശേഷമാണോ വെള്ളം കൊണ്ടുവരേണ്ടത് അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നുള്ളൊരു ക്രമം ഉണ്ടെന്ന് അർത്ഥം തസ്മാർ അപ്രണയനാശ്രിത ഗോദോഹനസ തത്മേണ പുരുഷാർത്ഥമി ഗോദോഹനം ക്രമവധി സിദ്ധം അതുകൊണ്ടെന്താണ് ക്രത്തോർത്ഥ അപ്രണയനാശ്രിത ഗോദോഹനം എന്ന് പറയുന്നത് അത് യാഗത്തിന് വേണ്ടിയിട്ടാണ് അപ്പോ ക്രത്തോർത്ഥം യാഗത്തിന് വേണ്ടിയിട്ട് അപ്രണയനാശ്രിത്വ വെള്ളം കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പ്രവർത്തിക്കത് ആശ്രയമായിരിക്കുന്നത് കൊണ്ട് അത് ക്രിത്വർത്ഥമാണ് ജാഗത്തിന് വേണ്ടിയിട്ടാണ് അത് തത് ക്രമേണ തന്നെ പുരുഷാർത്ഥമൊക്കെ അതുകൊണ്ട് അവിടെ എങ്ങനെയാണ് ഒരു ക്രമം സ്വീകരിച്ചിരിക്കുന്നത് എന്താ ചെയ്തിട്ട് പിന്നെ ജലം കൊണ്ടുവരണമെന്ന് പറയുന്ന ആ ക്രമം സ്വീകരിച്ചിരിക്കുന്നത് അത് കർത്തോർത്ഥമായി പ്രയോഗിക്കുമ്പോൾ പുരുഷാർത്ഥമായി പ്രയോഗിക്കുമ്പോഴും ക്രമം സ്വീകരിക്കണമെന്ന് വെച്ചാൽ ആടം കോഴിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രവർത്തി ചെയ്യുമ്പോഴും അവിടെ ക്രമമായിട്ട് തന്നെ ചെയ്യണം കർത്തോർത്ഥം എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഗോദഹനം ക്രമഗതി സിദ്ധം എന്നുവെച്ചാൽ പറയുന്നത് എന്താണ് ശേഷശേഷിത്വം അംഗാംഗിഭാവങ്ങളെടുത്ത് ക്രമമുണ്ട് അധികൃത അധികാരം ഒരാൾ വേറെ പ്രവർത്തി ചെയ്തിട്ട് അയാൾ ഇന്ന് മറ്റു പ്രവർത്തി ചെയ്യണമെങ്കിൽ അവിടെയും ക്രമമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ഇവിടെ ധർമ്മജിജ്ഞാസയും ബ്രഹ്മജിജ്ഞാസയും തമ്മിലൊരു ക്രമം ശ്രുതി നിരാകരണേനേവക്രമ പതമോ അപ്യപാസ്ഥോ ഗ്രഹീഭൂത്വാനീ ഭവേതെന്ന് നേരത്തെ യശോതി പറഞ്ഞു ഗൃഹസ്ഥാശ്രമായിട്ട് അത് കഴിഞ്ഞ് അതിനെ നിഷേധിച്ചു കഴിഞ്ഞു ഇവിടെ എങ്ങനെ ബ്രഹ്മചര്യാവ പ്രവർത്തി അപ്പൊ മറ്റേ കർമ്മത്തെ നിഷേധിക്കാനാണ് ഇത് പറഞ്ഞത് അതുപോലെ ഇവിടെ പറഞ്ഞല്ലോ ദർശപൂർണ മാസം യാഗം അനുഷ്ഠിച്ചതിന് ശേഷം സോമയാഗം എന്ന് പറയുന്നിടത്തും അതുപോലെ തന്നെ കള്ളക്കാൻ നിഷേധിക്കണം അവിടെ ക്രമം ഇല്ല ഇഷ്ടം പോലെ ചെയ്യാം അതാണ് ശ്രുതി നിരാകരണേനേവ ഇഷ്ടി സോമക്രമ പദവി ക്രമവും ഇഷ്ടി സോമക്രമം ദർശപൂർണ യാഗം ചെയ്തതിനു ശേഷം സോമയാഗം ചെയ്യണമെന്നുള്ള ക്രമം അങ്ങനെ പറയാൻ പറ്റില്ല ശ്രുതി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരു പാഠക്രമം മാത്രമാണ് പ്രയോഗത്തിനങ്ങനെ ഒരു ക്രമം ഇല്ല എന്നാണ് അതിനെ നിശ്ചയിച്ചി ശേഷശേഷിത്വ അധികൃത അധികാര അഭാവേ വി ക്രമിച്ചോ ഭവേദോ ഇനി ശേഷശേഷിത്വം ഇല്ല അധികൃത അധികാരം ഒന്നുമില്ലെങ്കിലും കർമ്മം ഉണ്ടെന്ന് പറയണമെങ്കിൽ അത് ഒരു ഫലം ഉള്ളെടുത്താണെങ്കിലേ അങ്ങനെ വരുത്തുള്ളൂ ഫലം ഒന്നാണെങ്കിൽ ക്രമം വരാം അതാണ് ശേഷ ശേഷിത്വ അധികൃത അധികാര ഭാവി ശേഷ ശേഷിത്വമില്ല അധികൃത അധികാരമില്ലെങ്കിലും ക്രമോപേക്ഷിത് ഇവിടെ ക്രമം ഉണ്ടോ പറയണെങ്കിൽ അത് പറ്റില്ല ഇതൊന്നുമില്ലാത്തടത്ത് ക്രമം വരുന്ന ഇവിടെ ഏത് ഏക ബലവെച്ചേതോ ഒരു ഫലമാണെങ്കിൽ അനേകർമങ്ങൾക്ക് ക്രമം വരാം യഥാഗ്നേയാണ ഏകസ്വർഗലാവഛന്നയിക്കുന്നു അഗ്നേയം അഗ്നിശോമിയും ഉപാന്സു ആഗ്നേയംയാഗം പയോയാഗം ഈ ആറ് യാഗങ്ങൾക്കും എന്തുകൊണ്ട് ക്രമമാണ് എന്തുകൊണ്ട് ഇതിന്റെ എല്ലാം ഫലം സ്വർഗമാണ് അതൊക്കെ പൂർവീമാംസയിലെ കാര്യങ്ങൾ പറയുന്നത് അവിടെ ആറ് യാഗങ്ങൾക്ക് ക്രമമായി അനുഷ്ഠിക്കണത് കൊണ്ട് അവിടെ ഒരു ഫലമാണ് സ്വർഗഫലമായ ഇവിടെ അങ്ങനെ ക്രമം ഇല്ലാന്നർത്ഥം ആഗ്നേയാദിനാ ഷണ്ണാം ഏകസ്വർഗഫലഅിനാണ് ആഗ്നേയാദി ആറ് യാഗങ്ങൾ ഏകസ്വർഗഫലഅന്നാന ഏക സ്വർഗഫല സംബന്ധന സ്വർഗ ബന്ധമുണ്ടോ യഥാക്രമ എങ്ങനെയാണ് ക്രമം അതുപോലെ ക്രമം ഇവിടെയില്ല ഇനി ജിജ്ഞാസക്ക് വിഷയമായിരിക്കുന്ന വിചാരത്തിന് വിഷയമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ ഒരു അംശമാണ് ധർമ്മമെങ്കിൽ ക്രമം പറയാമായിരുന്നു അതുകൊണ്ട് ബ്രഹ്മത്തിന്റെ അംശമല്ല എന്ത് ക്രമം പറയാമോ അതാണ് എരിവ ജിജ്ഞാസ്യ ബ്രഹ്മണോ വിചാരത്തിന് വിഷയമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ അംശോ ധർമ്മ അതിന്റെ ഒരു അംശമാണ് ധർമ്മമെങ്കിലും പറയാക്രമം ഉണ്ടെന്ന് അവിടെയും അങ്ങനെയെല്ലാം നടത്തും ഇനി വിഷയത്തിലേക്ക് കിടക്കണ മീമാംസയെ കഴിഞ്ഞു ഇനി പറയാൻ പോകുന്നു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ എന്താണ് ധർമ്മവിചാരം എന്താണ് ബ്രഹ്മവിചാരം പ്രധാന വ്യത്യാസം പറയുന്നത് ഭാഷത്തിൽ പറയുന്നു ഫല ജാസ്യ ഭേദാച്ച ചതുർലക്ഷണി വ്യത്പാദ്യം ബ്രഹ്മിത് തേദന പരസ്പരസംബന്ധേ സതി കവക്ഷിത ചതുർണ്ണാം ലക്ഷണാനാം സമാഹാര ചതുർലക്ഷണി ബ്രഹ്മസൂത്രം ലക്ഷണമെന്ന് വെച്ച അധ്യായം ചതുർലക്ഷണി എന്ന് വെച്ച നാല് അധ്യായങ്ങൾ കൂടിച്ചേർന്നത് ആ നാല് അധ്യായങ്ങൾ കൂടി ചേർന്നാണ് ഏത് ബ്രഹ്മസൂത്ര അതുകൊണ്ടത് ചതുർലക്ഷണി എന്ന പേര് പൂർവ്വീമാംസയ്ക്ക് ദ്വാദശലക്ഷണി എന്ന് പറയുന്നത് കൊണ്ടാണ് പന്ത്രണ്ട് അധ്യായങ്ങളുണ്ട് ദ്വാദശാനാം ലക്ഷണാന സമാഹാരങ്ങളാണുള്ളത് ഇതിന്റെ പ്രത്യേകത എന്താണ് ചതുർലക്ഷണി വിത്പാദ്യം ബ്രഹ്മാ ഈ നാല് അധ്യായങ്ങളിലൂടെയും ചർച്ച ചെയ്യപ്പെടുന്നതാണ് ബ്രഹ്മം വിദ്യം വിചാരം ചെയ്യുന്നത് നാല് അധ്യായങ്ങളിലും ചർച്ച ചെയ്യുന്ന എന്താണ് ബ്രഹ്മമാണ് ഈ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞ ഗ്രന്ഥവും ബ്രഹ്മവുമായിട്ടുള്ള ബന്ധം എന്താണ് ഈ നാല് അധ്യായങ്ങളിലും ചർച്ച ചെയ്യുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണ് അതാണ് എന്റെ അതാണ് യഥാ ചതുർലക്ഷണി വിത്പത്തി ബ്രഹ്മ അത്പാദ്യതേ ഓരോ ഭാഗങ്ങൾ ഓരോ അധ്യായത്തെ ചർച്ച ചെയ്യുന്നു കേനജിത് കേനജിത് അംസേന ഓരോരോ ഭാഗങ്ങൾ ഏകേന ഓരോ അധ്യായത്തിലായും ചർച്ച ചെയ്യുന്നു എന്ന് വെച്ചാൽ ബ്രഹ്മമാണ് ഇവിടെ ചർച്ചയ്ക്ക് വിഷയമെങ്കിലും ഓരോരോ ഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ അധ്യായം ബ്രഹ്മസൂത്രത്തിന് നമ്മളിപ്പോ പഠിക്കുന്നു സമന്വയ അധ്യായം ആവശ്യമാണ് അവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ് എല്ലാ ഉപനിഷത്തുകളും ബ്രഹ്മത്തിൽ സമന്വയിക്കുന്നു കാര്യങ്ങൾ പറയുന്നു എന്ന് വെച്ചാൽ എല്ലാ ഉപനിഷത്തുകളും പറയുന്നത് ഒന്നാമത്തെ അധ്യായ രണ്ടാമത്തെ അധ്യായം അതുകൊണ്ട് ഒന്നാമത്തെ അദ്ധ്യായത്തിന് സമന്വയ അധ്യായം എന്ന് പറയുന്നു രണ്ടാമത്തെ അധ്യായത്തിന് എന്താണ് അപിരോധ അധ്യായം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവിടെ ഈ പറയുന്ന ബ്രഹ്മം അദ്വീതി പറയുന്ന ബ്രഹ്മം അതിനെ സംബന്ധിച്ച് മറ്റുള്ളവർ പറയുന്ന ആക്ഷേപങ്ങൾക്കെല്ലാം സമാധാനം പറയും വിരോധങ്ങളെല്ലാം പരിഹരിക്കുന്നു പറയുമല്ലോ ബ്രഹ്മം നിങ്ങൾ പറയുന്നവനെയല്ല നിങ്ങള് പറയുന്നവനല്ല അപ്പൊ അത്തരം വിരോധങ്ങളെല്ലാം പരിഹരിക്കുന്നതാണെന്ത് അവിരോധാധ്യായ രണ്ടാമത് മൂന്നാമത്തത് സാധനാധ്യായം എങ്ങനെയാണ് ഈ ബ്രഹ്മത്തെ പ്രാപിക്കേണ്ടത് അതിന്റെ ഉപായങ്ങൾ എന്താണ് അത് പറയുന്ന അവിടെ മൂന്നാം അധ്യായം സാധനാധ്യായം നാലാമത്തെ അധ്യായമാണ് ഫലാധ്യായം പറഞ്ഞത് തന്നെയാണ് ഫലാധ്യായം ഈ നാല് കാര്യങ്ങളാണ് ഏതൊക്കെയാണ് സമന്വയം അവരോധം സാധന ഫലം ബ്രഹ്മത്ത് ah. mm. <coughs> <coughs> അത് വളരെ ഗംഭീരമായ ചർച്ചയാണ് ചെയ്യാൻ പോകും സമന്വയ അദ്ദേഹത്തിൽ എല്ലാ ശ്രുതികളും പറയുന്നത് ബ്രഹ്മത്തെ തന്നെയാണ് സമർപ്പിക്കുക പിന്നെ ആ ബ്രഹ്മത്തിനെ സംബന്ധിച്ചുള്ള ശങ്കരാചാര്യ കാഴ്ചപ്പാടിന് വിരുദ്ധമായി വരുന്ന എല്ലാത്തിനെയും ഖണ്ഡിക്കും ആ ബ്രഹ്മത്തെ പ്രാപിക്കുന്നതിന് ഉള്ള വഴി എന്താണ് അത് വിശദമായി ചർച്ച ചെയ്യും ഇനി ഈ ബ്രഹ്മത്തെ പ്രാപിച്ചാലെന്താ പ്രയോഗം അത് അവസാനം ചർച്ച മനസിലാക്കാം ബ്രഹ്മസൂത്രത്തിന്റെ പ്രാധാന്യം ഇത് വളരെ ഗംഭീരമായി ശങ്കരാചാരി ചർച്ച ചെയ്തു ഗംഭീരം തന്നെയാണ് പക്ഷെ ഒരു പ്രശ്നമാണ് പ്രശ്നം എന്താണ് ഈ ബ്രഹ്മം എന്താ ഈ സാധനം ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ഒക്കെ ശരിയാണ് ഈ ബ്രഹ്മ എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരുത്തരവുണ്ട് എന്താണ് ബ്രഹ്മസൂത്രം പഠിക്കുമ്പോൾ അതിനൊരു ഉത്തരവുണ്ട് എന്താണ് എന്താണ് അതായത് ശങ്കരാചാര്യർ പറയുന്ന ബ്രഹ്മം മനസ്സിലായ ശങ്കരാചാര്യരുടെ സമന്വയം ശങ്കരാചാര്യരുടെ അവരോധം ശങ്കരാചാര്യരുടെ സാധന ശങ്കരാചാര്യരുടെ ഫലം അങ്ങനെ ഒരു ബ്രഹ്മത്തെ കുറിച്ചാണ് ഈ ബ്രഹ്മസൂത്രം പോലും ചർച്ച ചെയ്യുന്നത് ആരുടെ ബ്രഹ്മം ശങ്കരാചാര്യ ഓക്കേ ശങ്കരാക്ക് ഒരു ബ്രഹ്മം ഉണ്ടായിക്കോട്ടെ ഒരു വിരോധം എന്താ ശങ്കരാ ബ്രഹ്മത്തെക്കുറിച്ച് ശങ്കരാചാര്യ സമന്വയം അവരോധം സാധന ഫലം എല്ലാം ശങ്കരാക്ക് സ്വാതന്ത്ര്യം പക്ഷെ പ്രശ്നം അവിടെ അല്ല കിടക്കുന്നത് എവിടെയാണ് പ്രശ്നം കിടക്കുന്ന എവിടെയല്ല ഇതേ ബ്രഹ്മസൂത്രത്തിൽ തന്നെ രാമാനുജാചാര്യർക്ക് ഒരു ബ്രഹ്മം കിടപ്പുണ്ട് അത് സംഗതി വേറെയാണ് ഏ അത് ശങ്കരാരുടെ അനുസരിച്ചാണ് ചെറിയ വ്യത്യാസം പൊരുത്തോന്നു പക്ഷെ രാമാനുജാചാര്യർക്ക് എന്തുണ്ട് ്രഹ്മുണ്ട് അത് ഈ ശങ്കരാചാര്യ പറയുന്നത് നിർഗുണം ബ്രഹ്മ അല്ല വേറെ ബ്രഹ്മ മനസിലായ ഒരാൾക്ക് രണ്ട് ഐ ഡി കാർഡ് ഉള്ളതുപോലെയാണ് രണ്ട് ഐ ഡി കാർഡും ഇത് എവിടെ പോയി വോട്ട് ചെയ്യും രണ്ടിടത്ത് വോട്ട് ചെയ്യുന്ന നിയമവിരുദ്ധ മതി ചെയ്യാൻ പറ്റും ചെയ്താൽ കട അപ്പൊ ഇത് ഏതാണ് ശരിയായ ബ്രഹ്മം ശങ്കരാ ബ്രഹ്മമാണോ അത് രാമാനുചാചാര്യരുടെ ബ്രഹ്മമാണ് എന്തായാലും ഇത് രണ്ടുപേരും ഒരു ബ്രഹ്മത്തെയല്ല പറയുന്ന ഇത് രണ്ടും പഠിച്ചവനറിയും രണ്ടും പഠിക്കാത്തമാര് പറയുന്നത് പൊതുബ്രഹ്മാണ് മനസ്സിലായോ രണ്ടും പഠിച്ചവർക്കറിയാൻ എന്താണ് ബ്രഹ്മം രണ്ടാണ് അപ്പൊ ഇതിലേതാണ് ഓറിജിനൽ ബ്രഹ്മം രണ്ടുപേരും പറയുന്ന രണ്ട് ബ്രഹ്മത്തെ കുറിച്ചാണ് ഒരു ബ്രഹ്മത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിലും കുഴപ്പമില്ല ഏത് ബ്രഹ്മത്തെടുക്കും രണ്ടും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചാ പറ്റൂ എന്തുകൊണ്ട് കള്ളവോട്ടായി പോവും ഒരിടത്ത് ഒരു ബൂത്തിലും മറ്റേത് വേറൊരു ബൂത്തിലാണ് രണ്ടിടത്തും കൂടെ പോകാൻ പറ്റത്തില്ല കള്ളവോട്ടാവും അല്ലെങ്കിൽ ഒരിടത്ത് തന്നെ വോട്ട് ചെയ്യണം അപ്പൊ എവിടെ വോട്ട് ചെയ്യും ശങ്കരാചാര്യന്റെ ബ്രഹ്മസൂത്രത്തിന് വോട്ട് ചെയ്യൂ രാമാനുജന്റെ ബ്രഹ്മത്തിന് വോട്ട് ചെയ്യൂ ഏ കള്ളവോട്ടാവും ഓടി എവിടെയും ചെന്ന് ം അഞ്ചുമണിക്കും മൂന്ന് മണിക്കും വന്ന ഓട്ടിക്കും എങ്ങനെ ഒന്നേ തിരഞ്ഞെടുക്കാൻ പറ്റൂ അതേ പറ്റൂ ഒന്നുകിൽ ശങ്കരായ പക്ഷത്തില്ലെങ്കി എവിടെയെങ്കിലും രാമാനുചാരന്റെ പക്ഷത്തേക്കണം ശരിയൊക്കെ അവരവരല്ലേ തീരുമാനിക്കുന്നു കൂടുതൽ ശരിയുള്ള ഉം അതേ കൂടുതൽ ശരി അങ്ങനെ തീരുമാനിക്കും ശരി തീരുമാനിക്കുന്നു അങ്ങനെ എന്തുകൊണ്ട് ഈ രണ്ടുപേരും ബ്രഹ്മസു ബ്രഹ്മത്തെ വെളിപ്പെടുത്തുന്നത് ഒരേ കിതാബ് ഉപയോഗിച്ചിട്ടാണ് ഒരേ പുസ്തകത്തിലാണ് രണ്ടുപേരും എന്തു ചെയ്യുന്നത് ഈ സൂത്രങ്ങളെ വ്യാഖ്യാനിച്ചിട്ടാണ് അവര് പറയുന്നത് ഇതാണ് ബ്രഹ്മ ഈ സൂത്രങ്ങൾ തടുകളയാൻ പറ്റുമോ അത് വച്ചിട്ടല്ലേ വ്യാഖ്യാനിക്കുന്നു അത് ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ് അത് തീരുമാനമുണ്ടാക്കിയാലേ ഈ എഴുതി വെച്ചിരിക്കുന്ന ബ്രഹ്മവിദ്യ സർവവിദ്യാ പ്രതിഷ്ഠ എല്ലാ വിദ്യകളുടെ ഈ ആശ്രയം ബ്രഹ്മമാണെന്ന് പറയും മനസിലായോ എല്ലാ വിദ്യകളുടെയും ആശ്രയം ബ്രഹ്മ ഏത് ബ്രഹ്മവും ആരുടെ ബ്രഹ്മം രാമാനുജന്റെ ബ്രഹ്മോ അതോ ശങ്കരാചാരുടെ ബ്രഹ്മോ അതൊക്കെ ആയിക്കോട്ടെ ആരുടെ ബ്രഹ്മം എന്നുള്ളതാണ് ചോദ്യം രാമാനുജന്റെ ബ്രഹ്മമാണോ എല്ലാ വിദ്യകൾക്കും ആശ്രയം അതേ ശങ്കരാചാര്യ ബ്രഹ്മമാണോ എല്ലാ വിദ്യകൾക്കും ആശ്രയിക്കണം എന്തായാലും രണ്ട് ബ്രഹ്മം ഒന്നല്ല രണ്ടാണ് ഇപ്പൊ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നവർക്ക് ആദ്യം എന്ത് തീരുമാനിക്കണം നാര ബ്രഹ്മം എന്ന് തീരുമാനിച്ചാതെ എല്ലാ വിദ്യകൾക്കും ആശ്രയമായ ഒരു ബ്രഹ്മവിദ്യയാണ് ബ്രഹ്മവിദ്യ എന്ന് പറയാൻ പറ്റും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അങ്ങനെ പ്രശ്നമുണ്ട് എല്ലാവിദ്യയും നമുക്ക് ഒരു ബ്രഹ്മവിദ്യയിൽ സമന്വയിപ്പിക്കാം പക്ഷെ ആദ്യം തീരുമാനിക്കണം ഈ ബ്രഹ്മരുടെ ബ്രഹ്മമാണ് ശരി അത് തീരുമാനിക്കാൻ വേണ്ടി നമുക്ക് പിന്നെ ഒരേ ഒരു വഴിയുള്ള എന്താണ് ശങ്കരായ ബ്രഹ്മത്തെയും രാമാനുജന്റെ ബ്രഹ്മത്തെയും പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്താണോ ശങ്കരായ എന്താ ബോദ്യം വരുന്നത് രണ്ട് ബ്രഹ്മത്തെ കണ്ടുമുട്ട് ശങ്കരാചരുടെ ബ്രഹ്മവും രാമാനുജന്റെ ബ്രഹ്മവും അപ്പൊ ഈ പറഞ്ഞതുപോലെ എന്താണ് ശങ്കരാചാര്യര് പറഞ്ഞ ബ്രഹ്മ വഴികളുടെ എല്ലാ ബ്രഹ്മവും അവിദ്യയാണെന്ന് ആര് പറയും ശങ്കരാചാര്യ പോലെ രാമാനുജൻ എന്ത് രാമായൻ കണ്ടെത്തിയ ബ്രഹ്മ വഴികള് ബാക്കിയുള്ള ബ്രഹ്മങ്ങളെല്ലാം എന്തായി വിദ്യ അതാ പ്രശ്നം അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് എന്തുകൊണ്ടാണിങ്ങനെ അവര് ബുദ്ധിമുട്ട് വരാൻ കാരണം ആ ബ്രഹ്മന്ന് പറയുന്നത് ഒരു ഈ കാണുന്ന വസ്തുക്കളെ പോലെ നമ്മളെ പോലെ വസ്തുനിഷ്ഠമായൊരു സാധനമല്ല വസ്തുനിഷ്ഠമായൊരാശയമില്ലാതൊരു വസ്തുവല്ല പിന്നെ എന്താണത് ബ്രഹ്മെന്ന് പറയുന്നൊരാശയമാണ് വസ്തുനിഷ്ഠമായ ഒരു യാഥാർഥ്യം അല്ല ആണെങ്കിൽ നമുക്ക് പറയാതെ ഇതാണ് ബ്രഹ്മം മേശയാണ് ബ്രഹ്മം പേപ്പറാണ് ബ്രഹ്മം ഗ്ലാസ് ആണ് ബ്രഹ്മം പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഇത് രണ്ടാശയങ്ങളാണ് അപ്പോ ബ്രഹ്മം എന്താണെന്ന് തീരുമാനിക്കുക പിന്നെ എന്താണ് ബ്രഹ്മവിദ്യ എന്നറിയുക പിന്നെ ആ വിദ്യയിൽ എല്ലാ വിദ്യകളും അതിലിരിക്കുന്നു എന്ന് പറയുക ഇതെല്ലാം പറയുന്നത് എന്താണ് ആശയപരമായിട്ടാണ് എങ്ങനെയല്ല വസ്തുനിഷ്ഠമായിട്ടുള്ള പറയുന്നത് മറ്റ് വസ്തുക്കളെ കുറിച്ച് പറയുന്ന പോലെ വസ്തുനിഷ്ഠമായിട്ട് പറയും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമുക്ക് ബ്രഹ്മത്തെ കുറിച്ച് ദൈനീയമായിട്ടും പറയാൻ ഒരു കുഴപ്പമില്ല പക്ഷെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പം ആദ്യമേ ഉറപ്പിച്ച് പറയുന്നു എന്താണ് ഞാൻ ശങ്കരാചാര്യ ബ്രഹ്മത്തെ കുറിച്ചാണ് പറയുന്നത് എന്നാ പ്രശ്നം എന്ത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് രാമാനുജന്റെ ബ്രഹ്മത്തെ കുറിച്ചാണ് അപ്പൊ ബ്രഹ്മം ആ ശങ്കരാചാര്യ ബ്രഹ്മത്തിന്റെ വിദ്യ ബ്രഹ്മവിദ്യ ആ ബ്രഹ്മവിദ്യയിൽ എല്ലാ ആശ്രയിച്ചിരിക്കുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷത്തു പറയാൻ പറ്റും ശങ്കരാചാര്യ പറഞ്ഞ ബ്രഹ്മത്തെ കുറിച്ച് തന്നെ ഗുരു പറഞ്ഞിരിക്കുന്നു രാമാനുജന്റെ ശങ്കരായരുടെ ബ്രമത്തെ കുറിച്ച് തന്നെ പറയുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് രണ്ടും പഠിക്കുമ്പോഴേ അത് മനസ്സിലാവും ഇതിനുണ്ടെങ്കിൽ ഒന്നാക്കാൻ പറ്റത്തില്ല ഒരു ശങ്കരായരുടെ ബ്രമത്തെ കുറിച്ച് പറയുന്നു മനസിലായ ബ്രഹ്മസൂത്രത്തിലേക്ക് കടകം ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നു ഇവിടെ പറയുന്നു ചതുർലക്ഷണി ഉത്പാദ്യം ബ്രഹ്മിത് ചതുർലക്ഷണിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതായ അല്ലെങ്കിൽ നിർണയിക്കപ്പെടുന്നതായ ആ ബ്രഹ്മം കേനജി കേനജിതംസേന ഓരോരോ ഭാഗങ്ങളായി ഏകേന ലക്ഷണേന ഓരോ അധ്യായത്തിനും വിത്പാദ്യ നിർണയിക്കുന്നു തത്ര ചതുർണാം ലക്ഷണാനാം ജിജ്ഞാസ്യാ ഇവിടെ നാല് അധ്യായങ്ങളുടെയും ജിജ്ഞാസ്യം വിചാരവിഷയം അഭേദമാണ് ഒന്നാണ് ബ്രഹ്മസൂത്രത്തിലെ നാലായങ്ങളുടെയും വിചാരത്തിന്റെ വിഷയം ഒന്നാണ് പരസ്പര സംബന്ധിച്ചു പരസ്പര സംബന്ധമുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യുന്നു ക്രമോ വിവക്ഷിത ക്രമമുണ്ട് എന്നുവെച്ചാ ഒന്നാം അധ്യായം രണ്ടാധ്യായം മൂന്നാം അധ്യായം നാലാം അധ്യായം ഇങ്ങനെ ക്രമം ഉണ്ട് അല്ലേ അതുപോലെ ക്രമോ വിവക്ഷിതാ ഏക ജിജ്ഞാസ്യതയാസയോപേക്ഷ ഉപയോഗമ അങ്ങനെയാണെങ്കിൽ പൂർവമീമാംസ പന്ത്രണ്ട് അധ്യായം ഇത് നാലധ്യായം പന്ത്രണ്ട് നാലും പതിനാറ് അധ്യായം അപ്പൊ ഈ പതിനാറ് അധ്യായത്തിന്റെ ഒരു കർമ്മം ഉണ്ടെന്ന് പറയാം ഒന്നാം അധ്യായം ധർമ്മമീമാംസയില് പൂർവമീമാസയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ പന്ത്രണ്ടും കഴിഞ്ഞ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെ ഒരു ക്രമം ഉണ്ട് ഇന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ അങ്ങനെ ക്രമം ഉണ്ടെന്ന് പറയാമല്ലോ ഒന്നാണ് കാരണം ഈ നാല് അധ്യായങ്ങൾക്ക് ക്രമമുണ്ടെങ്കിൽ പതിനാറ് അധ്യായങ്ങൾക്കും ക്രമം വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം എവിടെ തുടങ്ങണം ധർമ്മി മാസി തുടങ്ങും ഒന്ന ഒന്നതാണ് അതിലെ പന്ത്രണ്ടും കഴിഞ്ഞിട്ട് എവിടെ വരാവും ഇവിടത്തെ നാല് എണ്ണത്തില് വരാൻ പാടുള്ളൂ അപ്പക്രമം വരും അതായത് ബ്രഹ്മസൂത്രത്തിലെ നാല് അധ്യായങ്ങൾക്ക് ക്രമം ഉണ്ടെങ്കിൽ ധർമ്മവിമാസ്ഥയിലെ പന്ത്രണ്ടും ഈ നാലും കൂടെ ചേർക്കും പതിനാറ് പേരും അവിടെ ഒന്നിൽ നിന്ന് തുടങ്ങണമെന്നാണ് അപകടം പന്ത്രണ്ട് കഴിഞ്ഞ് വേണം പിന്നെ ചർച്ച ചെയ്യാനെന്നാണ് പൂർവക്ഷി പറയുന്നത് പരസ്പര സംബന്ധിച്ച് തഥാ ഇഹാബി അതുപോലെ ഇവിടെയും ഏകജിജ്ഞാസ്യതയ ജിജ്ഞാസ്യമായ വിഷയം ഒന്നായത് കൊണ്ട് ധർമ്മം ബ്രഹ്മ ജിജ്ഞാസയോ കർമ്മ ഉപേക്ഷിച്ചു ധർമ്മ ജിജ്ഞാസയ്ക്കും ബ്രഹ്മ ജിജ്ഞാസയ്ക്കും ഒരു കർമ്മമുണ്ടെന്ന് എന്നാ ചെയ്ത് ഉഭയമൊക്കെ ഇല്ല അങ്ങനെ ഒരു ക്രമം ഇവിടെ അപ്പം ഈ നാലധ്യായത്തിൽ ക്രമമുണ്ട് അതുപോലൊരു ക്രമം ധർമ്മം ബ്രഹ്മജിജ്ഞാസകൾക്കില്ല എന്തുകൊണ്ട് ഫല ജിജ്ഞാസ് ഭേദാസ്ത രണ്ടിന്റെയും ഫലത്തിന് വ്യത്യാസമുണ്ട് വിചാരവിഷയത്തിന് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ക്രമം എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത് അഭ്യുദയവനം ധർമ്മജ്ഞാനം ഭ്യുദയമാണ് ധർമ്മജ്ഞാനത്തിന്റെ ഫലം സ്വർഗാദികളാണ് ധർമ്മജ്ഞാനത്തിൻ്റെ ഫലം ധർമ്മത്തിന്റെ ജ്ഞാനമുണ്ടായ നിത്യനൈവേദ്യ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് സ്വർഗ്ഗത്ത് പോകാം അതാണ് അതിൻ്റെ ഫലം പച്ച അനുഷ്ഠാനാപേക്ഷം അതിനുവേണ്ടി അനുഷ്ഠിക്കണം കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ്രഹ്മജ്ഞാനം ചെന്ന അനുഷ്ഠാനാന്തരാപേക്ഷ ബ്രഹ്മജ്ഞാനത്തിന് വേറൊരു അനുഷ്ഠാനത്തിന്റെ ആവശ്യമില്ല ജ്ഞാനം മാത്രം മതി ബ്രഹ്മജ്ഞാനത്തിന് ഇവിടെ അനുഷ്ഠാനത്തിന്റെ കർമ്മങ്ങളുടെ ആവശ്യം അനുഷ്ഠാനാന്തരം ബ്രഹ്മജ്ഞാനം അല്ലാതെ മറ്റൊരു അനുഷ്ഠാനത്തിന്റെ ആവശ്യം എന്താ ഇതാണ് വ്യത്യാസം ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് യാതൊരു ആവശ്യം ഇല്ല ഇത് ഭാഷകാരുടെ പ്രധാനമായ സിദ്ധാന്തമാണ് ധർമ്മജ്ഞാനം ഒന്നും ധർമ്മജ്ഞാനം ഫലത്തെ കൊടുക്കണമെങ്കിൽ അനുഷ്ഠാനം വേണം അനുഷ്ഠിക്കുക ബ്രഹ്മജ്ഞാനം ഫലത്തെ കൊടുക്കണമെങ്കിൽ അതിനനുഷ്ഠാനങ്ങളുടെയൊന്നും ആവശ്യം ബ്രഹ്മജ്ഞാനം ഉണ്ടായ മോക്ഷം ധർമ്മജ്ഞാനം ഉണ്ടായ സ്വർഗം കിട്ടത്തില്ല പിന്നെ എന്തു ചെയ്യണം അനിഷ്ഠ എന്നു വെച്ചാൽ എന്താണ് വേദം ഒരാൾ അധ്യയനം ചെയ്യുന്നു വേദം പിന്നെ ശരിക്കും വിചാരം ചെയ്യുന്നു അയാൾക്ക് ധർമ്മജ്ഞാനം ഉണ്ടാകുന്നു നിത്യ നൈമിത്യ കർമ്മങ്ങളെ കുറിച്ചൊക്കെ അയാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോരാ അയാൾ അത് ചെയ്യണം അനുഷ്ഠിക്കണം അനുഷ്ഠിച്ചാലേ അയാൾക്ക് സ്വർഗം പശു തുടങ്ങിയ ഫലങ്ങൾ അതാണ് എൻ്റെ പ്രത്യേകത ബ്രഹ്മജ്ഞാനത്തെ സംബന്ധിച്ചങ്ങനെയല്ല ഒരാൾ വേദാധ്യയനം ചെയ്തു അതുകഴിഞ്ഞ് എന്ത് ചെയ്യുന്നു അയാൾക്ക് വൈരാഗ്യം ഉണ്ടായി വൈരാഗ്യം ഉണ്ടായപ്പോൾ എന്ത് ചെയ്യുന്നു എല്ലാം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മവിചാരം ചെയ്യുന്നു അപ്പോൾ ബ്രഹ്മജ്ഞാനത്തിൽ നിന്ന് തന്നെ അയാൾക്ക് വേറെ അനുഷ്ഠാനം യാഗാദികൾ അനുഷ്ഠിക്കുന്ന പോലെ അനുഷ്ഠാനമൊന്നും കൂടാതെ അയാൾക്ക് മോക്ഷം കിട്ടും മോക്ഷത്തിന് അനുഷ്ഠാനത്തിന്റെ ആവശ്യം എങ്ങനെയാണോ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നത് അപ്പൊ തന്നെ മോക്ഷം അവിടെ അനുഷ്ഠാനത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഭക്ഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭവ്യസ്ഥ ധർമ്മം ഈ ധർമ്മം എന്ന് പറയുന്നത് ഉണ്ടാകുന്നതാണ് ഭവ്യം എന്ന് വെച്ചാൽ ഉണ്ടാകുന്നതാണ് പ്രവൃത്തിനും വ്യത്യാസമുണ്ട് എന്താണ് പ്രവൃത്തി വ്യത്യാസം ധർമ്മത്തെ കുറിച്ച് പറയുന്നിടത്ത് വിധിക്കുകയാണ് സ്വർഗകാമോ വിജേത ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നിടത്ത് സത്യജ്ഞാനം അനന്തം ബ്രഹ്മ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ് ുടെ പ്രവൃത്തിക്ക് വ്യത്യാസമുണ്ട് ധർമ്മത്തെ കുറിച്ച് പറഞ്ഞ പറയുന്നിടത്ത് എന്ത് ചെയ്യുന്നു യാഗത്തെ വീതിക്കുന്നു ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നിടത്ത് എന്ത് ചെയ്യുന്നു ഇതാണ് ഏ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നിടത്ത് എന്ത് ചെയ്യുന്നു സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ സത്യജ്ഞാനാനന്ദം ബ്രഹ്മെന്ന് പറഞ്ഞു ബ്രഹ്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു കർമ്മത്തെക്കുറിച്ച് പറയുന്നിടത്ത് എന്ത് ചെയ്യുന്നു യാഗത്തെ അനുഷ്ഠാനത്തെ കർമ്മത്തെ അവിടെ യാഗത്തെ കുറിച്ച് പറയുന്നിടത്ത് അനുഷ്ഠാനം വേണം പിന്നെ ഫലം ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഏകളം ബോധിപ്പിക്കുന്നു അനുഷ്ഠാനത്തിന്റെ ആവശ്യം ഇല്ല ഇതാണ് വ്യത്യാസം